പന്ത്രണ്ട് ഷെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിത് സെരായാവ് ഇരമ്യാവ് യസറ അമരിയാവ് മല്ലൂ ഹത്തൂഷ് ശഖന്യാവ് രഹൂം മെരേമോത് ഇദ്ദോ ഗിന്നത്തോയി അബിയാവ് മിയാമി മയത്യാവ് ബിൽഗ ശമയ്യാവ് യോയാരീബ് യദായവ് സല്ലു ആമോഖ് ഹിൽകിയാവ് യദായാവ് ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാർ ആയിരുന്നു ലേവ്യറോ യേശുവ ബിന്നുവി കത്മിയൽ ഷേരബ്യാവ് യഹൂദ എന്നിവരും സ്ത്രോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബഖ്ബുക്കിയാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ച് നിന്നുവാീമിനെബിനെ ജനിപ്പിച്ചു എല്യാഷീബ് യോയാദെ ജനിപ്പിച്ചു യോയാദ യോനാഥാനെ ജനിപ്പിച്ചു യോനാഥാൻ യദ്വയെ ജനിപ്പിച്ചു യോയാക്കിമിന്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായ കുലത്തിന് മെരായാവ് ഇരമ്യ കുലത്തിന് ഹനന്യാവ് യസ്ര കുലത്തിന് മിസുല്ലാം അമരിയാക്കുലത്തിന് യഹോഹാനാൻ മല്ലൂ കുലത്തിന് യോനത്താൻ ശബന്യാ കുലത്തിന് യോസെഫ് ഹാരിം കുലത്തിന് അത്ന മെരായോത് കുലത്തിന് ഹെൽക്കായി ഇദോ കുലത്തിന് സഖരിയാവ് ഗിന്നഥോൻ കുലത്തിന് മെഷുല്ലാം അബിയ കുലത്തിന് സിക്റി മിന്യാമീൻ കുലത്തിനും മോവദ്യ കുലത്തിനും പിൽത്തായി ബിൽഗ കുലത്തിന് ഷമുവ ഷമയ്യാക്കുലത്തിന് യഹോനാഥാൻ യോയാരീപ് കുലത്തിന് മഥനായി യദായ കുലത്തിന് ഉസി സല്ലായി കുലത്തിന് കല്ലായി ആമോക്കുലത്തിന് ഏബർ ഹിൽക്കിയാക്കുലത്തിന് ഹഷബ്യാവോ യഥായക്കുലത്തിന് നഥനിയൽ എല്യാഷീബ് യോയാദ യോഹന്നാൻ യദൂവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാരിയാവേശന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിദർഭവനത്തലവന്മാരായി എഴുതിവെച്ചു ലേവ്യരായ പ്രതിർഭവനത്തലവന്മാർ ഇന്നവരെന്ന് എല്ല്യാഷീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവർത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു ലേവിയറുടെ തലവന്മാർ ഹഷബ്യാവ് ഷേരബ്യാവോ കദ്മിയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനപ്രകാരം തരംതരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തുവന്നു മഥന്യാവും ബഖ്ബൂക്യാവ് ഒബാധ്യാവ് മെഷുല്ലാം തൽമോൻ അക്കൂബ് എന്നിവർ വാതിലുകൾ കരികെയുള്ള ഭണ്ണാരഗ്രഹങ്ങൾ കാക്കുന്ന വാതിൽക്കാവൽക്കാർ ആയിരുന്നു ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കിമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിന്റെയും ശാസ്ത്രിയായ യസ്രാ പുരോഹിതന്റെയും കാലത്തും ഉണ്ടായിരുന്നു യരിശിലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠയാചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവവാസസ്ഥലങ്ങളിൽ നിന്നും എരുശലേമിലേക്ക് അന്വേഷിച്ച് വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം എരുശലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവെത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി സംഗീതക്കാർ യെരുശലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്ത്രോത്രഗാനം ചെയ്തും പ്രദക്ഷിണം ചെയ്യേണ്ടതിന് രണ്ടു വലിയ കൂട്ടങ്ങളെ നിയമിച്ചു അവയിലൊന്ന് മതിലിന്മേൽ വലത്തുഭാഗത്തുകൂടി കുപ്പവാതിലേക്ക് പുറപ്പെട്ടു അവരുടെ പിന്നാലെ ഹോഷയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതിപേരും നടന്നു അസരിയവും യസ്രയും മെഷുല്ലാമും യഹൂദയും ബെന്യാമീനും ഷമയ്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും അസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ഷമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെഖരിയാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടു കൂടെ അവന്റെ സഹോദരന്മാരായ ഷമയ്യാവു അസരയേലും മിലലായിയും ഗിലലായിയും മായായിയും നഥനയിലും യഹൂദയും ഹനാനിയും നടന്നു യസറാശാസ് അവരുടെ മുമ്പിൽ നടന്നു അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു സ്ത്രോത്രഗാനക്കാരുടെ രണ്ടാം അവർക്ക് എതിരെ ചെന്നു അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിന് അപ്പുറം വിശാല മതിൽ വരെയും എഫ്രയും വാതിലിനപ്പുറം പഴയ വാതിലും മീൻവാതിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മയാഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു അവർ കാരാഗ്രഹവാതുക്കൽ നിന്നു അങ്ങനെ സ്ത്രോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോടുകൂടെയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു കാഹളങ്ങളോടുകൂടെ എല്യാക്കീം മയസ്സെയാവ് മിന്നയാമീൻ മീഖായാവ് എല്യോവേനായി സെക്കരിയാവ് ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസേയാവ് ശെമയ്യാവ് എലയാസർ ഉസി യെഹോഹാനാൻ മൽക്കിയാവ് എല യേസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി ഇസ്രഹിയാവ് അവരുടെ പ്രമാണിയായിരുന്നു അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു ദൈവം മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും ും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് യരുഷലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കിട്ടൂ അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദാജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ണാരത്തിനും ഉദർച്ച അർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി സംഗീതക്കാരും വാതിൽകാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പനപ്രകാരം ചെയ്തു പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആയുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഇസ്രയേലും സെരു ബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽകാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തുവന്നു അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു